തങ്ങളുടെ മതത്തെ ഒരു വിനോദമായും കളിയായും സ്വീകരിച്ചവരെയും ഐഹിക ജീവിതം വഞ്ചിച്ചവരെയും നിങ്ങൾ വിട്ടേക്കുക ഒരാൾ താൻ സമ്പാദിച്ചതുകൊണ്ട് വിട്ടുകൊടുക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ഇതുകൊണ്ട് ഓർമ്മിപ്പിക്കുക അള്ളാഹു സുബാനഹുവറ്റായ ഒഴികെ അവനൊരു രക്ഷാധികാരിയോ ശുപാർശകനോ ഉണ്ടായിരിക്കുകയില്ല അവൻ എല്ലാവിധ പ്രതിഫലങ്ങളും നൽകിയാലും അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല തങ്ങൾ സമ്പാദിച്ചതു കൊണ്ട് വിട്ടുകൊടുക്കപ്പെട്ടവരാകുന്നു അവർ അവർ നിഷേധിച്ചതിനാൽ അവർക്ക് തിളച്ച വെള്ളം കുടിക്കാനുണ്ടാകും വേദനയേറിയ ശിക്ഷയുമുണ്ടാകും